അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അഹം അസ്മി എന്നുള്ള ഈ അനുഭവത്തിൽ ആർക്കും തന്നെ നവാ എന്ന സംശയമില്ല അതുപോലെ തന്നെ നൈവാഹം എന്നൊരു അനുഭവം ആർക്കുമില്ല എല്ലാവർക്കും അഹമസ്മിന്നെയുണ്ട് അഹം നാസ്മി അങ്ങനൊരു അനുഭവം ആർക്കുമില്ല അപ്പോൾ തന്നെ കുറിച്ച് സംശയവും ബ്രഹ്മവും ഇല്ലാത്തതുകൊണ്ട് താൻ സ്വയം പ്രകാശമായ ജ്ഞാനരൂപമാണ് സംശയ ഭ്രഹ്മൾ ഇല്ലാതെ വരുന്നത് ജ്ഞാനത്തിലായിരിക്കും അത് സ്വയം പ്രകാശവുമായിരിക്കും അപ്പം ജ്ഞാനും സ്വയം പ്രകാശങ്ങളൊന്നും നേരത്തെ തന്നെ സിദ്ധിച്ചു അപ്പോൾ ആ ജ്ഞാനം തന്നെയാണ് ആത്മാവ് കാരണം തന്നെ കുറിച്ചാണ് അഹം അസ്മീന്നുള്ള അനുഭവം അത് അസന്തിഗ്ധമായും അവിപര്യസ്തമായും അനുഭവപ്പെടുന്നത് കൊണ്ട് ആത്മാവ് സ്വയം പ്രകാശം പിന്നെ ഈ അനുഭവം അഹം ഇത് ആത്മാവിന്റെ അനുഭവമാണെന്നുള്ള കാര്യം വൈശേഷികന്മാര് പ്രത്യേകിച്ച് സമ്മതിക്കുന്ന കാര്യമാണ് അതുകൂടെ വെച്ചുകൊണ്ടാണ് പറയുന്നു അപ്പൊ അതിന് പറഞ്ഞു എന്നുവെച്ചാൽ എന്തരീണ ഞാനൊരു പതാൻ ദുഃഖാധിപതി പറയുന്നു അഹമെന്ന് പറയുന്ന ഈ അനുഭവം അസന്തിഗ്ധമാണോ ആത്മാവ് ജ്ഞാനരൂപമായിരിക്കണമെന്നില്ല കാരണം ജ്ഞാനരൂപമല്ലാത്ത സുഖ അനുഭവത്തിലും സുഖത്തിന്റെ ജ്ഞാനം ഉണ്ടാവും അതെങ്ങനെയായിക്കൊള്ളോട്ടെ അവിടെയും ആർക്കും സന്ദേഹവും വിവരവും ഇല്ലല്ലോ അതുകൊണ്ട് സുഖം സ്വയം പ്രകാശമാണെന്ന് നിങ്ങൾ പറയുമോ എന്നാ ഞാൻ പറയും ദേഷാസ്തുവത്തായ ഞാൻ അഭ്യവിചാര പറയുന്നു സുഖത്തിന്റെ ജ്ഞാനം ഉണ്ടാവുന്നുണ്ടോ അത് സംഭവം സുഖമുള്ളിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ജ്ഞാനവും ഉണ്ടാകും ആ ജ്ഞാനം ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം എപ്പോഴാണോ സുഖസത്ത ഉണ്ടാകുന്നപ്പോൾ അവിടെ ജ്ഞാന അഭ്യചാരം അതിലാകുന്നുണ്ട് എത്ര സുഖസത്തത്ര ജ്ഞാനം എന്നുവെച്ചാൽ ജ്ഞാനം അത് ജന്യജ്ഞാനമാണ് സുഖത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്ത് ജ്ഞാനമായി ജന്യജ്ഞാനമാണ് ഉണ്ടായ ജ്ഞാനമാണ് അഹം സുഖി ജനമാണ് അപ്പോൾ ആ ജ്ഞാനം അവിടെ ഉള്ളത് കൊണ്ട് എന്തുവരുന്നു അവിടെയും സുഖസത്ത ഞാൻ അഭ്യവിചാരമായിരിക്കുന്നതുകൊണ്ട് സുഖ അനുഭവത്തിലും ജ്ഞാനമാണല്ലോ ഉള്ളത് അതുകൊണ്ട് സുഖത്തിനെ സംബന്ധിച്ചവർക്ക് ഇല്ല അത് ജ്ഞാനത്തിൽ സംശയകര്യങ്ങൾ എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം ചോദിക്കുന്നു ആത്മനിയമം അഭ്യുപഗമ്യത ശുഴുത്യഭോപ്രസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നു ആത്മാവിൽ സംശയകാര്യങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ സംശയ വിവരങ്ങളില്ല സുഖത്തിൽ നിന്നു സുഖസത്തയിൽ ജ്ഞാന അഭ്യവിചാരം സ്വീകരിക്കാമെങ്കിൽ ശരി ഇവിടെ തന്നെ സംബന്ധിച്ചൊരു സംശയവും വരുമെന്നില്ലാത്ത അവിടെ എന്തുകൊണ്ടാണോ അന്ത്യവിചാരം കൊണ്ടാണോ അത് പറയുന്നത് താർക്കികന്മാർക്ക് ഇഷ്ടമാണ് കാരണം എന്തുകൊണ്ടാണ് അവർ ജ്ഞാനം ജന്യമായി സ്വീകരിക്കുന്നു തന്നെ കുറിച്ച് എന്തുകൊണ്ട് സംശയവിവര്യങ്ങൾ ഉണ്ടാകുന്നില്ല താൻ ആത്മാവ് സ്വയംപ്രകാശമായത് കൊണ്ടല്ല അഭ്യപചാരിയാണെന്ത് അതുകൊണ്ടാണ് സുഖസത്തേൽ എങ്ങനെ ആദ്യം ഇവിടെ സംഭവിച്ചത് അത് ജന്യജ്ഞാനത്തിൻ്റെതാണ് ജ്ഞാനമൊന്നുമല്ല അവർ പറയുന്നു അവര് ജീവജ്ഞാനത്തിന് നിത്യജ്ഞാനമായി സ്വീകരിക്കും ഈശ്വരജ്ഞാനം നിത്യമാണ് ജീവജ്ഞാനം നിത്യമല്ല അപ്പൊ ജന്യജ്ഞാനമാണ് അപ്പൊ ജന്യജ്ഞാനം ആണവിടെ ആത്മസത്ത എത്ര ആത്മസത്താണ് അപ്പോൾ ജ്ഞാനത്തിൽ ജ്ഞാന സ്വയം പ്രകാശമാണ് അത് നേരത്തെ സമർത്ഥിച്ചല്ലോ അതുകൊണ്ട് ആത്മാവെന്ന് സ്വയംപ്രകാശമല്ല അത് സുഖാദികളിൽ എങ്ങനെയാണോ സംശയാദികളില്ലാത്ത അതുപോലെ ആത്മാവിന് സംശയാദികൾ ഇല്ല ആത്മന്യം അഭ്യോമ്യതേ അങ്ങനെ വന്നു കഴിഞ്ഞൊരു സുഷുത്തി അഭാവപ്രസംഗ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുഷുതി ഇല്ലാതും എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് എപ്പോ സുഖമുണ്ടോ അപ്പോൾ അവിടെ ജന്യം ഞാനും ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് സുഖത്തില് സംശയാദികളില്ലാത്തത് അപ്പോൾ ഇവിടെയും പറയേണ്ടി വരും എപ്പോ ആത്മാവുണ്ട് അവിടെയൊക്കെ ജന്യം ഞാനും ഉണ്ട് അതിവിടെയും സ്വീകരിക്കേണ്ടി വരും അതേ യുക്തിയാണെങ്കിൽ എപ്പോൾ ആത്മാവുണ്ട് അവിടെയൊക്കെ ജന്യം ഞാനൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തൊരു സുഴുത്തിയില്ലാഴ്ത്തി എങ്ങനെയുണ്ടാവും അപ്പോ ജന്യജ്ഞാനത്തെ ആശ്രയിച്ച് ആത്മാവിന്റെ അപരോക്ഷതയെ സമർപ്പിക്കാൻ പോയാൽ സുഖാദികളിൽ എന്ത് അതേ ഇവിടെ സ്വീകരിക്കുന്നു എപ്പോ സുഖം ഉണ്ടോ സുഖം ഉണ്ടാകുക അറിയാതിരിക്കുക അങ്ങനൊന്നും സംഭവിക്കത്തില്ല ദുഃഖം അതിന്റെ ജ്ഞാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജന്യജ്ഞാനമാണ് അവിടെ പറഞ്ഞെന്താണ് സുസത്തായ ജ്ഞാന അവ്യഭിചാരം അങ്ങനെയാണ് ആത്മസത്തായം ഞാൻ അനുഭവിച്ചതാരം എപ്പോ ആത്മസത്യം ഉണ്ടോ അവിടെ അപ്പൊ പിന്നെ അനുഭവത്തിന് വിരുദ്ധമാണ് സുഹൃത്യ എങ്ങനെ ഉണ്ടാവും സ്വത്തിന്റെ കാര്യത്തിൽ ശരിയാണ് ആത്മാവിന്റെ കാര്യത്തിൽ ശരിയാകത്തരച്ച ആത്മനിയമ അഭ്യോമ്യതേ സുഹൃത്യഭാവപ്രസംഗം അതിന്റെ യുക്തി മനസ്സിലാക്കും സുഖവുമായിട്ട് ചേർത്ത് ആത്മാവിനെ പറയാൻ പറ്റില്ല സുഖത്തെ സംബന്ധിച്ച് ശരിയാ സുഖസത്വം ഞാനത്തെ ആശ്രയിച്ചാണ് പക്ഷെ ആത്മസത്വം ഞാനത്തെ ആശ്രയിച്ചത് സുഹൃത്തിയിൽ ആത്മസത്വം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും എന്താണ് സുഹൃത്തി പറയാൻ പറ്റൂ അത് പറയാൻ പറ്റത്തില്ല പക്ഷെ അവിടെ ജ്ഞാനം ഇല്ലയെന്ന് പറയേണ്ടിയും വരും അതുകൊണ്ട് തന്നെ ഇതിന് തന്നെ മനസ്സിലാകാം തരത്തിലുള്ള ജ്ഞാനത്തെയും അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാൻ പറ്റത്തില്ല യും എന്താണോ സു ആനന്ദത്തെ അനുഭവിക്കുന്നു ആനന്ദത്തെ എങ്ങനെ അനുഭവിച്ചു സാക്ഷിഭാസ്യം എന്ന് പറയും ശൃത്തിയിൽ ആനന്ദത്തെ അനുഭവിച്ചത് സാക്ഷിഭാസ്യമാണ് എന്നുവെച്ചാൽ സാക്ഷിഭാസ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഞാനും ഉണ്ടല്ലോ അതിനർത്ഥം എന്താണോ സുഹൃത്തിൽ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമായൊരു ജ്ഞാനം ഉണ്ടെന്ന് വരും അങ്ങനെ ഒന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിന് വിരോധം വരും അല്ലേ സുഷ്ടത്തിയിലും ജ്ഞാനമുണ്ടെന്ന് വരും ഇവിടെ ഇപ്പോൾ പറയുന്നതെന്ന് എന്താ മനസ്സിലാക്കുന്നത് സുഴ്ത്തിജ്ഞാനമില്ല എന്നുവെച്ചാൽ ജന്യജ്ഞാനത്തെ ആശ്രയിക്കാതെ ആത്മാവന് സത്തയുണ്ട് എന്നാണ് ആത്മസത്വം ഒരിക്കലും ആശ്രയിക്കുന്നില്ല ആ ആ ജ്ഞാനം സ്വയം പ്രഭാകം അവിടെ ഞാനും ഉണ്ട് സുഹൃത്തീര് പക്ഷെ ഞാനും എന്താണ് സ്വയം പ്രകാശ രൂപത്തിലുള്ള ഞാനാണ് സാക്ഷികൊണ്ട് വേറെതിനെ പ്രകാശിപ്പിക്കുകയാണ് സുഖതുക്കാദികൾ എന്താണ് സാക്ഷിഭാസ്യമാണ് അപ്പൊ സാക്ഷിഭാസ്യം സാക്ഷി പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് അനുഭവം വേണ്ടേ എന്താണ് അഹം സുഖി വേണ്ടേ അപ്പം അനുഭവം ഉണ്ടെന്നു പറഞ്ഞാൽ അവിടെ എന്താണ് ഞാനും ഉണ്ട് അവിടെ ആനന്ദവും ഉണ്ട് ഞാനും ഉണ്ട് അപ്പം ഞാൻ സ്വത്ത ഞാനെവിടെയുണ്ട് എപ്പോഴുമുണ്ട് സുഹൃത്തിയിലും ഞാനുമുണ്ട് അപ്പം പിന്നെ ഈ പറയുന്നതുമായിട്ട് വിരോധം വരത്തില്ലേ സുഴുത്തിയിലേതെങ്കിലും ഞാനത്തെ സ്വീകരിച്ച ആകസ്വസ്ഥതയുള്ള ഒരു അതാണ് അവിടെയും ഞാനിത്ര സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എവിടെയാണ് സ്വസ്ഥത കിട്ടുന്നത് ഇവിടെ പിന്നെ മനുഷ്യന് സ്വസ്ഥത അതവിടെ ഞാനും ഇല്ലാത്ത കൊണ്ടാണ് മനുഷ്യൻ ഉറങ്ങാൻ പോകുന്നത് അവിടെ ഞാനുണ്ടെങ്കിൽ ഉറങ്ങാൻ അവിടെ പോകത്തില്ല വേറെ ഏതെങ്കിലും സ്ഥലം അന്വേഷിക്കും ശ്മീരി അത് പറയാം പറയുന്നതിന് കുഴപ്പമില്ല ഞാനൊന്നു പറഞ്ഞാൽ വൃത്തിജ്ഞാൻ എന്നെടുക്കണം വൃത്തിജ്ഞാനത്തെ സംബന്ധിച്ച് ശരിയാണ് ജ്ഞാനത്തിന് അങ്ങനെ എന്തൊക്കെ ദോഷങ്ങൾ പറയുന്നു അതെല്ലാം വൃത്തി ഞാനൊന്നും എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല സ്വരൂപമായിരിക്കുന്നെടുക്കാൻ പറ്റില്ല പിന്നെ കാശ്മീരി സർവീസം ഒരു എന്താണ് പ്രത്യേക രീതിയാണ് അവിടെ സ്വന്തം പോലുള്ള ജലാശയങ്ങളൊക്കെ വിമർശം ഇങ്ങനെയൊക്കെയുള്ള ജലകാശ സംഗതികൾ വരുന്നുണ്ട് അതുകൊണ്ടത് അദ്വൈതത്തിൻ്റെ രീതിയല്ല അത് കാശ്മീരി സർവീസത്തിൽ എന്തോ പറഞ്ഞോട്ടെ പക്ഷേ ഇവിടെ അദ്വൈതത്തിൽ ഇത് പറയുന്നതിൽ യോജിക്കാൻ പറ്റാത്ത എന്നിട്ട് അസ്വാസ് ഒന്ന് ജാഗ്രത പറയുന്ന അവിടുത്തെ അനുഭവത്തിന്റെ സ്മൃതി എന്നും പറയും ഇവിടെ പറയുന്നു സുഹൃത്തിയിൽ ഞാനോ ഇല്ലെന്നില്ല സ്മൃതി ഉണ്ടാവും സുഹൃത്തി ഞാനോ എങ്ങനെയാ സ്മൃതി വരുന്നു പറയുന്നതിന് കോൺട്രഡ്യൂഷൻ വരും അംഗീകരിക്കാൻ പറ്റാത്തത് അനുഭവമേ ഇല്ല അതുകൊണ്ട് സ്മൃതിയില്ല പിന്നെ സുഖമാം അസ്വാസം എന്ന് പറഞ്ഞത് അസുഖസ്വരൂപായിരുന്നു അത് അനുഭവിച്ചു തരുന്നതാണ് അതെന്തായാലും ജാഗ്രതയില് പറയുന്നേ ജാഗ്രതല്ലേ പറയുന്നു അല്ലാതെ സുഹൃത്തിയിൽ ആരും പറയുന്നില്ലല്ലോ അത് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാന്നുള്ള അല്ലാതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല വെറുതെ തറകിച്ചാൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല കാരണം സുഹൃത്തി എന്ന് പറഞ്ഞാൽ സ്വയം എങ്ങനെയിരിക്കുന്നു ജ്ഞാനാജ്ഞാനങ്ങൾക്ക് അപ്പുറം ഇരിക്കുകയാണ് അതിനെക്കുറിച്ച് ജ്ഞാനവും അജ്ഞാനവും തർക്കിച്ചാൽ ഏതെങ്കിലും തീരുമാനത്തെത്തൂ ജ്ഞാനാജ്ഞാനങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒന്നിന്റെ ജ്ഞാനത്തെ കുറിച്ചോ അജ്ഞാനത്തെ കുറിച്ചോ തർക്കിച്ചാൽ അതെവിടെ അവസാനിക്കും ഒന്നും അവസാനിക്കും അതുകൊണ്ട് തന്നെ ചാതന്യം അഭ്യോമ്യതയെ സത്യഭാവ പ്രസംഗം പക്ഷെ സുതുക്കാദികളെ സംബന്ധിച്ച് സാറിന് പറയുന്നത് ശരിയാണ് അത് സാക്ഷിഭാസ്യമാണോ എന്ന് പറയുന്നത് അതിന് സാക്ഷിയെക്കുറിച്ച് ചർച്ച ചെയ്യും അവസാന ഭാഗത്ത് അവിടെ വരുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് ഇത് സാക്ഷിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊരു പ്രകടനമുണ്ട് സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രകടനമുണ്ട് അജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രകടനമുണ്ട് അവിടെയൊക്കെ ഭക്ഷ്യക്കാരന്റെ അഭിപ്രായമല്ല വ്യത്യാസങ്ങൾ പിന്നെ തത്വത്തിൽ വ്യത്യാസമില്ല പ്രക്രിയകൾ വ്യത്യാസം ഭാഷ്യപ്രക്രിയയല്ല ഇവിടെ സ്വീകരിക്കുന്നു ഇവിടെ ഇപ്പൊ സ്വപ്രകാശം എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ച് അർച്ച ചെയ്യുമ്പോൾ അത് ഭാഷ്യ ആശയങ്ങളും അതില് ഭാഷ വ്യത്യാസമുള്ള അജ്ഞാനമായ അതിലേക്കൊക്കെ വരുമ്പോൾ സംഗതി മാറും ചർച്ച ചെയ്യുന്ന നല്ലതാണ് ഭൂഭാഷ്യ ആശയം എന്താണെന്ന് കൂടുതൽ വ്യക്തമാവും വ്യക്തത വരും അപ്പോ എന്താണ് ആത്മാസ്വയം പ്രകാശമാണോ ഒന്ന് അത് നേരത്തെ വന്ന രണ്ടനുമാനങ്ങളും കൊണ്ട് ശ്രദ്ധിച്ചു ആത്മാ സംവിദ്രോഹ സംവിത്കർമ്മാന്തരീണ പുരോക്ഷത്വ സംവേദന അടുത്ത ജ്ഞാനയോഗ സംബന്ധ ആത്മനിഷ്ഠത ജ്ഞാനനിഷ്ഠത്വ പദവിഷയത്വം ഇവിടെ രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ ഒരു സപ്രതിപക്ഷനുമാണ് നമ്മൾ പറഞ്ഞ സപ്രതിപക്ഷനല്ല അത് പ്രസ്തത്തി ഉള്ളതല്ല അതിന് വേണ്ട വ്യത്യാസം എന്നുവെച്ചാൽ ജ്ഞാനാത്മനോഹോ സംബന്ധോ അനാത്മവൃത്തി ജ്ഞാനവൃത്തിവാ സാവ പക്ഷം എന്താണ് ഞാൻ ആത്മനോഹസംബന്ധം ഇവിടെ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ പറഞ്ഞ അനുമാനം പക്ഷത്തിൽ തന്നെ നേരത്തെ പക്ഷം എന്തായിരുന്നു കടുത്ത ഞാനീവ് സംബന്ധ ഇവിടെ പക്ഷം തന്നെ മാറ്റി അതിന് പക്ഷം തന്നെ മാറ്റിയതിന് കാരണമുണ്ട് ഞാൻ ആത്മനോ സാധ്യം എന്താണ് അത് നമ്മൾ പറഞ്ഞ സാധ്യം തന്നെ അന്ന് ആത്മവർത്തിക്കവിടെ വ്യത്യാസം ഇല്ല ഹേതു മാറ്റി എന്താണ് ജ്ഞാനവർത്തിക്കിഷ്ടാന്തം മാറ്റിയില്ല നമ്മൾ പറഞ്ഞ തന്നെ എന്താണോ ഇവിടെ ആദ്യം നോക്കുക ഏതു പക്ഷത്തിലുണ്ടോ എന്ന് നോക്കുക ഞാൻ ആത്മസംബന്ധം എവിടെയിരിക്കും ജ്ഞാനത്തിലും ആത്മാവിനും ഇരിക്കുന്നു സംബന്ധം താർക്കികം പറയുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ അത് സമവായ സംബന്ധം സമവായ സംബന്ധമാണ് അത് ജ്ഞാനത്തിലും ആത്മാവിനും ഇരിക്കുന്നു ആ പക്ഷത്തിൽ സംബന്ധത്തിൽ ഞാൻ അപൃത്തിത്വം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടോ കണ്ണടച്ചോണ്ട് പറയാൻ മറ്റേ അനുമാനവും ശരിക്ക് മനസിലായിട്ടുണ്ടെങ്കിൽ ഞാന വൃത്തിയാണോ ആദ്യം അത് നോക്കണം പക്ഷം എന്താണ് സംബന്ധം പക്ഷം എന്താണോ നോക്കണം സംബന്ധം അതില് എന്ത് വരുമെന്ന് നോക്കണം എന്തുവരും നോക്കണം ഏതുമുണ്ടോന്നല്ല നോക്കേണ്ടത് എന്തുണ്ടോ നോക്കണം ഹേതുണ്ടോന്നല്ല നോക്കേണ്ടത് എന്തുണ്ടോന്ന് നോക്കണം വളരെ വളരെ വ്യക്തമായി പറഞ്ഞാണ് ഇത്ര പെട്ടെന്ന് വിട്ടുപോയോ ഇവിടുത്തെ ഹേതു എന്താണ് ഏറ്റവും ഞാനവിടുത്തെ അപ്പൊ എന്തുണ്ടോന്നോ നോക്കേണ്ടത് എന്താ നോക്കേണ്ടത് അത് അതിന്റെ വഴിക്ക് ചിന്തിച്ച് മനസിലാക്കിയാലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളു നിങ്ങൾ വെറുതെ എന്താണ് വളരെ എന്ത് രീതിയിലിരിക്കാന്നാ പറയുന്നത് എന്ത് മട്ടല്ലിരിക്കൂ അത് തന്നെ ആ മട്ടലിലിരുന്ന കാര്യം നടന്നു ഞാനാത്മനോഹോ സംബന്ധ ഞാന വൃത്തിയാണോന്ന് നോക്കുക ആദ്യം ഞാൻ ആത്മനോഹോ സംബന്ധ ജ്ഞാന വൃത്തിയാണോന്ന് ആദ്യം നോക്കണം എന്നുവെച്ചാൽ ജ്ഞാനാത്മനോ സംബന്ധവും ജ്ഞാനവൃത്തിയും എന്താണ് ഒന്ന് തന്നെ ആണോ ജ്ഞാനാത്മനോ സംബന്ധ ജ്ഞാനവൃത്തി എന്ന് പറയും രണ്ടും ഒന്ന് തന്നെ ആണോ അല്ലേ ആണ് മനസ്സിലാക്കിയൊരു പറയാണെന്ന് ഉറപ്പിച്ചു പറയും ഞാൻ ആത്മനോ സംബന്ധം എന്ന് പറയുന്നത് ജ്ഞാനത്തിലും ആത്മാവിനും ഇരിക്കുന്ന എന്തോ ഒരു സാധനം ജ്ഞാനത്തിലും ആത്മാവിനും ഇരിക്കുന്ന എവിടെയിരിക്കും ജ്ഞാനത്തിലിരിക്കും അപ്പം അത് ഞാൻ വൃത്തിയായി ഇത് ആ അനുമാനങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞതാണ് ഞാൻ ആത്മാബന്ധം എന്ന് പറയുന്നത് ഞാൻ വൃത്തിയാണ് ഇനിയാണ് നോക്കേണ്ടത് പക്ഷത്തിൽ ഭേദ കൊണ്ടോന്നു ഏതുകൊണ്ടാണ് അത് എവിടെയുണ്ടോ എന്ന് നോക്കണം ഏ എവിടെയുണ്ടോ നോക്കണം ജ്ഞാനവൃത്തിയിലുണ്ടോന്ന് നോക്കണം കാരണം ജ്ഞാനവൃത്തിത്വം എവിടെ വരുത്തുള്ളു ഞാനവൃത്തിയിലേ വരുത്തുള്ളൂ മനസ്സിലായോ ജ്ഞാനവൃത്തിത്വം ജ്ഞാന വൃത്തിയിൽ വരുമോ എന്ന് ൃത്തിത്വം ജ്ഞാനവൃത്തിയിൽ വന്നാ മതി അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ജ്ഞാനവൃത്തി എന്തായിരിക്കണം പക്ഷമായിരിക്കണം ജ്ഞാനവൃത്തി എന്ന് പറയുന്നത് പക്ഷമാണ് അപ്പൊ ജ്ഞാനവൃത്തി പക്ഷമായതുകൊണ്ട് ജ്ഞാനവൃത്തിത്വം പക്ഷത്തിൽ വന്നതുകൊണ്ട് ഏത് പക്ഷത്തിൽ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് ആദ്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ഏ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കണമെന്നും അന്ന് പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞാൽ പറഞ്ഞു പുസ്തകം ഇപ്പൊ എല്ലാരുടെ ഉണ്ടോ ഏ ടാഴ്ച കിട്ടും അങ്ങനെ അല്ല ഉണ്ടായിട്ടും കാര്യം നിങ്ങൾ തല തലയണയായിട്ട് വെച്ച് കൊടുന്ന് ഉറങ്ങും വലിയ ബസ്സന്നെ നല്ലൊരു തല എണ്ണയുടെ കനവുണ്ട് ഇങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഇന്ന് പുറത്തൊരു തലേണോട് എടുത്തു വയ്ക്കും പോരാത്തവര് എന്നിട്ട് കിടന്നുറങ്ങും അപ്പോ ഞാനാത്മാക്കളുടെ സംബന്ധം ജ്ഞാനത്തിനും ആത്മാവിനും ഇരിക്കുന്നു കൊണ്ട് അത് ജ്ഞാനവൃത്തിയാണോ നമുക്ക് ഹേതു വരേണ്ടത് പക്ഷത്തിലെന്ന് പറഞ്ഞാ എവിടെ വരണം ഞാനവൃത്തിയിൽ വരണം അപ്പൊ ജ്ഞാനവൃത്തിയിൽ വരത്തുള്ളു എന്ത് ഞാന വൃത്തി വേറെ ഒരു സ്ഥലത്ത് വരത്തില്ല അപ്പൊ ഇവിടുത്തെ പക്ഷം ജ്ഞാന വൃത്തിയാണെങ്കിൽ അതിലെന്ത് വരുന്നു ജ്ഞാനവൃത്തിത്വം വരുന്നപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് പക്ഷത്തിൽ ഞാനാത്മനോഹോ സംബന്ധ സമം ജ്ഞാനവൃത്തി അടുത്തത് സമം പക്ഷ മൂന്നാമത്തെ ദിവസം ജ്ഞാനവൃത്തിയിൽ ജ്ഞാനവൃത്തിവം ചതിയെന്ന് പക്ഷത്തിൽ ജ്ഞാനവൃത്തിത്വം ഹേതു വന്നു അത് ജ്ഞാനവും ആത്മാവ് സംബന്ധിച്ചുള്ള സംബന്ധം ജ്ഞാനത്തിലും ആത്മാവനേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് രണ്ടിലേ ഇരിക്കുമെന്നുള്ളെങ്കിൽ ഒരിടത്ത് ഉറപ്പാണ് ജ്ഞാനത്തിൽ അപ്പോ ഞാന വൃത്തിത്വം ഹേതുപക്ഷത്തിലോ ഇനി നോക്കേണ്ടത് എന്താണ് ദൃഷ്ടാന്തത്തിൽ ഹേതു അപ്പൊ സത്തെടുക്കുക അതിൽ ഞാന വൃത്തിത്വം ഉണ്ടോ എന്ന് നോക്കണം അപ്പോ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് കാരണം സത്തയിൽ ഞാനവൃത്തിവം വരണമെങ്കിൽ സത്ത എന്താകണം ഞാൻ വൃത്തിയാകണം സത്താസമം ഞാനവൃത്തി അപ്പോ ചോദിക്കും എങ്ങനെയാണ് സത്ത ഞാന വൃത്തിയാകുന്നത് എങ്ങനെയാ ഉം സത്ത എന്തുകൊണ്ട് ജ്ഞാനവൃത്തിയായി ആർക്കി മതമനുസരിച്ച് ദ്രവ്യം ഗുണം കർമ്മം മൂന്നിന് സത്തയുണ്ട് അവിടെ മതം അനുസരിച്ച് അവിടെ സത്ത വേണം ജ്ഞാനത്തിൽ സത്തയുണ്ട് സത്താ സമം ജ്ഞാനവൃത്തി ജ്ഞാനവൃത്തിത്വം ജ്ഞാനത്തിലേ വരും ജ്ഞാന വൃത്തിയിലേ വരത്തുള്ളൂ ജ്ഞാനവൃത്തിത്വം ഞാൻ വൃത്തിയിലേ വരത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ദൃഷ്ടാന്തമായ സത്താസമം ഞാന വൃത്തി അതുകൊണ്ട് സത്തയിലെന്തുവരും ജ്ഞാനവൃത്തിത്വം ഏത് വന്നു ശരിയായി പിന്നെ ഇനി നോക്കേണ്ടത് സാധ്യമാണ് എന്താണ് അനാത്മവൃത്തിത്വം അതൊരു നോക്കണം ദൃഷ്ടാന്തത്തിൽ സത്തയിൽ അനാത്മവൃത്തി സത്തയിൽ അനാത്മവൃത്തിത്വം വരണമെങ്കിൽ സത്ത എന്താവണം അനാത്മവൃത്തിയാണോ എന്ന് നോക്കുക സത്ത എങ്ങനെ അനാത്മവൃത്തിയാവും സത്യം ദ്രവ്യ ഗുണകർമ്മങ്ങൾ മൂന്നിനെ വിരിക്കുന്നത് കൊണ്ട് അത് ഗുണത്തിലിരിക്കും കർമ്മത്തിലിരിക്കും ആത്മാവും ആത്മാവ് ഒഴികെയുള്ള ദ്രവ്യങ്ങളിലെ വിരിക്കും അപ്പൊ സത്ത എന്തായി അനാത്മവൃത്തി സത്ത അനാത്മവൃത്തിയാണെങ്കിൽ അനാത്മവൃത്തിവം സാധ്യം എവിടെ വന്നു ശരിയായി ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ അനുമതി ഉണ്ടായേ പറ്റും ഹനുമാനം ശരിയാണ് ഏത്വവാസം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഏത്തോവാസം ഇല്ലെങ്കിൽ അപ്പോ ഇതിൽ നിന്ന് എന്ത് ഞാനുണ്ടായി ആത്മാവും ഞാനും തമ്മിലുള്ള സംബന്ധം അനാത്മവൃത്തിയാണെന്ന് വെച്ചാൽ ആത്മാവും ഞാനും തമ്മിലുള്ള സംബന്ധത്തിൽ അനാത്മവൃത്തി ഇവിടുത്തെ പക്ഷം എന്താണ് ഞാനാത്മനോനോവ സംബന്ധം അനാത്മവൃത്തി ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള സംബന്ധം അനാത്മവൃത്തിയാണെങ്കിൽ ആ സംബന്ധം അനാത്മാവിലിരിക്കുന്നു അല്ലേ അനാത്മാവിലായിരിക്കുന്നു അപ്പോ ആത്മാവിന്റെ കാര്യം എടുക്കുക ആത്മാവ് അനാത്മാവാണോ എന്താ തർക്കമില്ല പിന്നെയുള്ള എന്താണ് ജ്ഞാനം അതാണ് സംശയം അപ്പൊ പിന്നെ അനാത്മാവായിട്ട് ഏതിനെ സ്വീകരിക്കാൻ പറ്റുമോ ജ്ഞാനത്തെ ഞാനോ അനാത്മാവായി എത്ര എളുപ്പമായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞാനോ അനാത്മാവായി ആത്മാവ് എന്തായാലും അനാത്മാവെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല പിന്നെ ശേഷിക്കുന്നത് എന്താണ് ഞാൻ അനാത്മാവായി അനാത്മവൃത്തിയായി ഇനി ആത്മാവിന്റെ കഥ തന്നെ എടുക്കാം ഞാനോ അനാത്മവൃത്തിയായി ഇനി ആത്മാവിന്റെ കഥ എടുക്കാം ആത്മാവ് എന്തായാലും അനാത്മാവല്ല പക്ഷെ ആത്മാവ് ഞാനമാണ് എന്ന് തെളിയിക്കാൻ പറ്റൂ അതുകൂടെ നോക്കണം ആത്മാവ് ഞാനമാണെന്ന് തെളിയിക്കാൻ പറ്റൂ ഏഹ് ഏ കാരണം ജ്ഞാനവും ആത്മാവും തമ്മിൽ സംബന്ധ അനാത്മവൃത്തി എന്നാ പറഞ്ഞത് അപ്പോ ജ്ഞാനോ അനാത്മാവെന്ന് വന്നു ആത്മാവിന് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും ഉണ്ടാവും അനാത്മാവായ്പ മനസിലായ ആത്മാവ് ജ്ഞാനമാണെന്നാണല്ലോ അദ്വൈതിക്ക് വേണ്ടത് അപ്പൊ ജ്ഞാനം അനാത്മാവാണെന്ന് ശ്രദ്ധിച്ചു ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് ആത്മാവ് ജ്ഞാനമാണെന്ന് ആത്മാവ് ജ്ഞാനമായത് എന്താവും അനാത്മാവ് അപ്പൊ ഒരു കാരണവശാലും ആത്മാവിനെ ജ്ഞാനമായി സ്വീകരിക്കാൻ പറ്റത്തില്ല ആത്മാവ് ആത്മാവ് തന്നെ അതിലാർക്കും തർക്കമുണ്ട് പക്ഷേ ആത്മാവിനെ ജ്ഞാനമാക്കാൻ പോയി കഴിഞ്ഞാൽ ആത്മാവ് എന്തായിത്തീരും അനാത്മാവ് തീരും കാരണം ജ്ഞാന ആത്മാക്കളുടെ സംബന്ധം എവിടെയിരിക്കത്തുള്ളൂ അനാത്മാവിലെ ഇരിക്കത്തുള്ളൂ ആത്മാവിലെ ഇരിക്കത്തില്ല അത് ജ്ഞാന ജ്ഞാനത്തിലാണിരിക്കുന്നതെങ്കിൽ അത് അനാത്മാവ് ഇനി നിങ്ങൾ ആത്മാവിനെ ജ്ഞാനമായി സ്വീകരിക്കുകയാണെങ്കിൽ അതെന്താവും അനാത്മവൃത്തിയാവും അതിന് ചർച്ചയും സിദ്ധാന്തമല്ലോ ഇവിടെ ഇപ്പൊ സപ്രതിപക്ഷ അനുമാനം നടത്തിയ ആരാണ് താർക്ക് അവരനുമാനം നടത്തുമ്പോൾ അവരെ സിദ്ധാന്തത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത് അദ്വേദിയുടെ സിദ്ധാന്തത്തിൽ നിന്നല്ല സത്വപക്ഷ അനുമാനം നടത്തുമ്പോൾ അവരെ സിദ്ധാന്തത്തിൽ നിന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ചിന്തിക്കുമ്പോ എന്താണോ ഞാനോ ആത്മാവല്ല അദ്വൈതിക്ക് സ്വന്തം സിദ്ധാന്തത്തെ എന്താ പറയാന്നുള്ളത് ഇനി വരും ഇപ്പൊ പൂർവപക്ഷിയുടെ ശരിയാണ് എന്താണോ ഈ അനുമാനം അനുസരിച്ച് ആത്മാവ് ജ്ഞാനമല്ല സപ്രതിക്ഷനുമാണ് അവരുടെ യുക്തി അനുസരിച്ചാണ് അവർ പറയുന്നത് ഇവിടെ അദ്വൈതിക്ക് പറയാം എന്താണ് ഞങ്ങളുടെ സിദ്ധാന്തം ഞങ്ങളങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ സിദ്ധ എന്താണ് എന്താണെന്ന് പറയാം അപ്പൊ ഞങ്ങളുടെ സിദ്ധാന്തം കൂടെ പരിഗണിക്കണം എന്നാണ് ഇടത്ത് പറയും ജ്ഞാനമേവ ആത്മീയത്തെ അഭ്യുപകച്ചതാം ജ്ഞാനാത്മനോ സംബന്ധ അഭാവാ ആശ്രയാസിദ്ദേഹേ നിങ്ങൾ പറയുന്ന പക്ഷം ജ്ഞാനാത്മനോ സംബന്ധാദ് ഞങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ ഒരു പക്ഷമേയില്ല സിദ്ധാന്തം കൂടെ പറയണല്ലോ ഞങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് അല്ല ഇപ്പം നിങ്ങളുടെ സിദ്ധാന്തം തന്നെ പറഞ്ഞ് പറഞ്ഞ് അനുമാനവും അപ്രതീക്ഷ പിന്നെ ഞങ്ങളുടെ സിദ്ധാന്തത്തിന് എന്താ വില നിങ്ങൾ തന്നെ പറയുന്നു ശരി നിങ്ങളെ പറയുന്നു ഞങ്ങളെ തെറ്റെന്ന് അവിടെ ഞങ്ങളുടെ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നേ ഇപ്പം നിങ്ങളൊരാക്ഷേപം പറയുമ്പോൾ ഞങ്ങളുടെ സിദ്ധാന്തത്തോടെ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പദ്ധതി ഒരു അനുമാനം പറഞ്ഞു അതിനൊരു സപ്രതിപക്ഷ അനുമാനം തർക്കിയും പറഞ്ഞു ഇത് രണ്ടുപേരും അവരവരുടെ തർക്കത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിനവസാനം ഇല്ല യുക്തികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് ഭാഷകാരും പറഞ്ഞാൽ തർക്കത്തിന് പ്രതിഷ്ഠ ഇല്ല അപ്പൊ അതിന് തീരുമാനമാകത്തില്ല അപ്പൊ പിന്നെ ഇനി എന്ത് വേണം ശ്രുതിയെ കൊണ്ടുവരേണ്ടി വരും താർക്കികന്മാരെ അടുത്ത് സംസാരിക്കുമ്പോൾ ശ്രുതിയെ കൊണ്ടുവന്നാൽ ശരിയാകുമോ എന്തുകൊണ്ട് അവര് ശ്രുതി പ്രമാണമായി സ്വീകരിക്കുന്നു അപ്പൊ നമ്മളെ രണ്ടുപേരും തർക്കിച്ചാൽ ഒരിടത്ത് എത്തത്തില്ലെങ്കിൽ ഇനി ശ്രുതിയെ കൊണ്ടുവരാം ശ്രുതിയെ കൊണ്ടുവന്നാ പിന്നെ തർക്കം എങ്ങോട്ട് പോവും ശ്രുതിയുടെ വ്യാഖ്യാനത്തിലാവും പിന്നെ തർക്കം അതവിടെ നോക്കാം ഉം ശ്രുതി അങ്ങനെ വ്യാഖ്യാനിക്കുന്നു അപ്പൊ അദ്ദേഹത്തിൽ പറയുന്നു ദയവ് ചെയ്ത് ഞങ്ങളുടെ സിദ്ധാന്തത്തെ കൂടെ പരിഗണിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പക്ഷമില്ല ഞാൻ ആത്മനോഹോ സംഭവമൊരു പക്ഷമേ ഇല്ല കാരണം ഞങ്ങൾക്ക് ഒരു ജ്ഞാനമേ ഉള്ളൂ അത് ആത്മാവ് പിന്നെ സംബന്ധം അതുകൊണ്ട് നിങ്ങളുടെ പക്ഷം ഞങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് അസിദ്ധമാണ് അതിനാണെന്ന് പറയുന്നത് ആശ്രയാസിദ്ധ അസിദ്ധ ഏതൊക്കെയാണ് ആശ്രയാസിദ്ധ വ്യാപ്യത്വസിദ്ധ സ്വരൂപാസിദ്ധ ആശ്രയാസിദ്ധം എന്ന് പറയുന്നത് എന്താണോ ഗതാരവിന്ദം പക്ഷതാവഛേദകം എന്നെല്ലാം പറയും പക്ഷതാവത് പഠിച്ചല്ലേ പഠിച്ചല്ലോ പക്ഷതാവഛേദക അഭാവത് പക്ഷത്വം പക്ഷതാവഛേദകുമില്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഘടത്തുമില്ലാത്ത ഘടക പശു ഗോത്വില്ലാത്ത ഗോ അതുപോലെവിന്ദ്ര വിപണനീയത്വം ഇല്ലാത്ത അരവിന്ദം അങ്ങനൊരു സാധനമേ ഇല്ല അതുകൊണ്ട് അതൊന്നും ശരിയാവത്തില്ല ആശ്രയാസിദ്ധ ദോഷമാണ് പച്ചം ശ്രദ്ധിക്കുന്നില്ല അനുമാനം തെറ്റാണോ ഇതുകൊണ്ടന്നെ ഈ തർക്കങ്ങൾ തീരാത്തത് തർക്കിച്ചൊരു കാര്യം സമർത്ഥിക്കാൻ പോയാൽ നമുക്ക് വീണ്ടും തർക്കിക്കാം അപ്പം അത് നിർത്തിയിട്ട് അവരുടെ സിദ്ധാന്തത്തിന് പിന്നെ ശ്രുതിയെ സ്വീകരിക്കേണ്ടി വരും അന്നത്തെ രീതി അന്ന് ശ്രുതിയാണ് അന്നത് അതല്ല വേറെ വഴിയില്ല ശ്രുതിയുടെ വ്യാഖ്യാനങ്ങൾ വരും ഇന്നത്തെ എന്ത് ചെയ്യും സയൻസും പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് സയൻസ് ഇപ്പം എല്ലാരും സയൻസിന്റെ തത്വങ്ങളെ ഒരേ രീതി വ്യാഖ്യാനിക്കുന്നുണ്ട് സയന്റിസ്റ്റുകൾ പലരും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അതിന്റെ ഒക്കെ വ്യാഖ്യാനങ്ങൾ വരുമ്പോ എല്ലാരും ഒരേ രീതിയിലല്ല അതെല്ലാം പറയുന്നത് പിന്നെന്ത് ചെയ്യും ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഇതാണ് എന്റെ ഇഷ്ടം അവസാനം അവിടെ വന്ന് നയിക്കും ഞാൻ മനസിലാക്കിയിരിക്കുന്ന ഇതാണ് ഇതാണ് എന്റെ ഇഷ്ടം വേണമെങ്കിൽ ഒന്നുകൂടെ കൊണ്ടു ചേർക്കുക എന്താണ് ഇതിലാണെന്റെ വിശ്വാസം ഏ അങ്ങനെ ചോദിക്കാം തനിക്കെന്താ നഷ്ടം എന്ന് ചോദിക്കാം എന്റെ വിശ്വാസം ഇതാണ് വിശ്വാസം എതിരാളി പറയുന്നവർക്കിതിലൊന്നും വിശ്വാസം ഇല്ലെന്നല്ലേ നിങ്ങക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടരുത് നിങ്ങളുടെ വിശ്വാസം ഇല്ലായ്മയും നിങ്ങൾ വിശ്വസിക്കുക എന്റെ വിശ്വാസ ഉണ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സിദ്ധാന്തങ്ങളും വിശ്വാസത്തിന്റെ ബേസായോ ഏഹ് എല്ലാ സിദ്ധാന്തങ്ങളും വിശ്വാസത്തിന്റെ ബേസിലാണോ അല്ലന്നെ പിന്നെ എന്തു പറഞ്ഞു ഇത് അവസാനിപ്പിക്കുന്നത് അവൻ്റെ ഇഷ്ടമൊന്നോ വിശ്വാസമൊന്നോ താല്പര്യമൊന്നുമൊക്കെ അല്ലേ പറയാൻ പറ്റൂ വേറെന്തു പറയും വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ചിലപ്പം പറയുന്നവനവന് വിശ്വാസം കാണത്തില്ല അവസാനം പറയാതേ ഉള്ളൂ അപ്പൊ ഈ ആൾക്കാരെല്ലാം വിശ്വാസികൾ വിശ്വാസികളെന്ന് പറയുന്നത് എല്ലാം അവർക്ക് വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങളാണ് പറയും ഞങ്ങൾ വിശ്വാസികളാണെന്ന് അവർക്ക് ഉള്ളുകൊണ്ടൊന്നും വിശ്വാസമൊന്നുമില്ല എന്നാലും പറയും എന്താണോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു ഈ ദേവന്മാര് മരണശേഷമുള്ള ആത്മാവ് എന്റെ സ്ഥിതി പുനർജന്മ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശരിയാണോ നമ്മൾ അതെല്ലാം ശരിയാണ് അതൊക്കെ ശരിയാണ് ഒരാൾ എന്നോട് പറഞ്ഞാണ് ഞാൻ ചോദിച്ചിരുന്നതിലൊക്കെ വിശ്വാസം ഉണ്ട് എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെന്താ വാർഷ സംസ്കാരമാണ് അതുകൊണ്ട് അത് ശരിയാണ് എനിക്ക് ഉള്ളുകൊണ്ട് വിശ്വാസം പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊക്കെ ശരിയാണത് ഋഷിമാര് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതിൽ നിങ്ങൾ എന്തിനാ അത് ശരിയെന്ന് പറയുന്നു അതെന്റെ രാഷ്ട്രീയം അപ്പൊ തത്വചിന്ത എവിടെ ചെന്നിരിക്കും രാഷ്ട്രീയത്തിൽ പോയിരിക്കും ഇന്നത്തെ രീതി അങ്ങനെയൊക്കെയാണ് എന്ന ആൾക്കാർ രാഷ്ട്രീയവും തത്വചിന്തയും തമ്മിൽ തിരിച്ചറിയിട്ട രാഷ്ട്രീയം പറഞ്ഞു വന്നാ എവിടെ ചെന്നു തത്ത്വ ചിന്ത ചെന്നു തത്വചിന്ത പറഞ്ഞു വന്നാ എവിടെ ചെന്നിരിക്കും ഗീതയും മാനേജ്മെന്റും പോലെയാണ് ഒരിടത്ത് തുടങ്ങി വേറെടുത്ത അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും പഠിയില്ല അതാ ഇന്ന് സംഭവിക്കുന്നു അപ്പൊ അത് ഇതിന് രണ്ടിനും അപ്പുറമാണോ ഈ പറയുന്ന സാധനം തത്വചിന്തക്കും വിശ്വാസത്തിനും അപ്പുറമാണ് അതിനെ രണ്ടിനെയും ജയിക്കുന്നതും അതിനെ അതിക്രമിക്കുന്നതുമാണ് രാഷ്ട്രീയം ഇന്നിപ്പം ബലം അതിനാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതിനെയും നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും ഏതെൻ്റെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏതെന്റെ രാഷ്ട്രീയമാണ് വിശ്വാസം ഇല്ലെങ്കിലും അംഗീകാരം അപ്പൊ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിവിടെ ഇതും കൊണ്ട് തർക്കിക്കുന്നത് ഏഹ് ഇഷ്ടാന്തർ അത് പറയാൻ പറ്റുന്നു ഇഷ്ടം എന്ന് പറയുമ്പോ അത് ഇഷ്ടം തന്നെ ഇഷ്ടസിദ്ധി എന്ന് പറഞ്ഞു ഏ ഇഷ്ടസിദ്ധി എന്ന് പറയുന്ന വേദാന്തത്തിന്റെ ഇഷ്ടസിദ് ആത്മാവിന്റെ സിദ്ധിയാണ് മുക്തി ആത്മാവ് അതാണ് ഇഷ്ടം അങ്ങനെ സിദ്ധിക്കുന്നതാണ് അഭവ പറയുന്നു ജ്ഞാനമേവ ആത്മീയത്യഭ്യപതച്ചതാം ജ്ഞാനം തന്നെ ആത്മാവെന്ന് സ്വീകരിക്കുന്നവരായ അദ്വൈതികളെ സംബന്ധിച്ച് ജ്ഞാനാത്മനോ സംബന്ധശീവ അഭവാ ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള ആശ്രയാസിദ്ധേഹേ ആശ്രയാസി ഇനി ഇതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ എന്ത് ചെയ്യുന്നത് തർക്കം വിട്ടു അടുത്ത് പിടിക്കുന്നത് എന്തിനാണ് ശ്രുതിയെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനത്തിലാണ് ഉം എല്ലാം ഇരുന്നതു